അധ്യായം പതിനേഴ് ദമ്മേശിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമ്മേശക് ഒരു പട്ടണമായിരിക്കാത്തവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും എഫ്രൈമിൽ കോട്ടയും ക്കിൽ രാത്വവും ഇല്ലാതെയാകും അരാമിൽ ശേഷിച്ചവർ ഇസ്രയേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു അത് കൊയ്ത്തുകാരൻ വിള ചേർത്തു പിടിച്ച് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ രണ്ടു മൂന്ന് കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നാലഞ്ചു കായോ ഇങ്ങനെ കാലാപറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ ഹോവ അരുളി ചെയ്യുന്നു അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശ്വരാവിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിങ്കലേക്ക് തിരികെയും അവന്റെ കണ്ണ് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമൂര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചുപോയ നിർജ്ജന ദേശം പോലെ ആകും അവ ശൂന്യമായിത്തീരും നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കുകൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു വള്ളികളെ നടുന്നു നടുന്ന ദിവസത്തിൽ നീ അതിന് വേലിക്കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു എങ്കിലും കഠിനമായ മുറിവും പീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പൊയ് പോകും അയ്യോ അനേക ജാതികളുടെ മുഴക്കം അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു എങ്കിലും അവനവരെ ശാസിക്കും അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും കാറ്റിൻ മുമ്പിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും സന്ധ്യാസമയത്ത് ഇതാ പ്രഭാതത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചുപറിക്കുന്നവരുടെ പങ്കും ആകുന്നു